പരമാത്മനെ നമഹ യഥാർത്ഥ ഗീത ശ്രീമദ് ഭഗവത്ഗീത അധ ത്രയോദശോധ്യായ പതിമൂന്നാം അധ്യായം ഗീതയുടെ തുടക്കത്തിൽ ധൃതരാഷ്ട്രക്കറിയേണ്ടിയിരുന്നത് യുദ്ധത്തിനൊരുങ്ങി ഒത്തുകൂടിയ തന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്നായിരുന്നു എന്നാൽ യുദ്ധരംഗം ഏതായിരുന്നുവെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിരുന്നില്ല ഈ അധ്യായത്തിലാണ് അക്കാര്യം വെളിപ്പെടുത്താൻ പോകുന്നത് ശ്രീ ഭഗവാൻ ഉവാച്ച ധീയത്തെ തദ്വിധ കുന്തി പുത്ര ഈ ശരീരം തന്നെ യുദ്ധരംഗം ഇതിനെപ്പറ്റി ശരിക്കറിയുന്നവനാണ് ജ്ഞൻ അദ്ദേഹം അതിൽ മുഴുകുന്നില്ല നടത്തിപ്പുകാരനായി കഴിയുന്നതേയുള്ളൂ തത്വം അറിയുന്ന മഹാപുരുഷന്മാർ അങ്ങനെയാണ് പറയുന്നത് ശരീരം ഒന്നല്ലേയുള്ളൂ ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം എന്ന രണ്ടെണ്ണം അതിൽ ഒരേ ശരീരത്തിന്റെ ഉള്ളിലുള്ള അന്ധക്കരണത്തിന്റെ പ്രവൃത്തികളാണവ ഒന്ന് ഈശ്വര സാക്ഷാത്കാരത്തിനുതകുന്ന ദൈവീക സമ്പത്ത് മറ്റേത് നശ്വരമായ സംസാരത്തിൽ വിശ്വാസമുണ്ടാക്കുന്ന ആസുരസമ്പത്ത് ആസുരസമ്പത്ത് കൂടുതലായാൽ ഈ ശരീരം കുരുക്ഷേത്രമായി തീരുന്നു ദൈവീക സമ്പത്ത് അധികമാകുമ്പോൾ ധർമ്മക്ഷേത്രമായും ഭവിക്കുന്നു ഈ കയറ്റവും ഇറക്കവും ഉള്ളിൽ ഇടതടവില്ലാതെ നടന്നുകൊണ്ടിരിക്കെയാണ് എന്നാൽ തത്വദർശിയായ ഒരു മഹാത്മാവിൻ്റെ സാന്നിധ്യത്തിലും ശിക്ഷണത്തിലും അനന്യഭക്തിയോടെ ഈശ്വര ഭജനത്തിൽ മുഴുകുമ്പോൾ ഈ രണ്ട് വിരുദ്ധ പ്രവൃത്തികളും തമ്മിൽ അന്തിമ യുദ്ധത്തിന് തയ്യാറാകുന്നു ക്രമേണ ദൈവീക സമ്പത്തിൻ്റെ ഉയർച്ചയും ആസുരസമ്പത്തിന്റെ തകർച്ചയും സംഭവിക്കുന്നു ആസുരസമ്പത്ത് പൂർണ്ണമായി ശമിക്കുമ്പോൾ പരമാത്മ സാക്ഷാത്കാരത്തിന് അവസരമുണ്ടാകുന്നു സാക്ഷാത്കാരത്തിന് ശേഷം ദൈവിക സമ്പത്തിന്റെ ആവശ്യം ഇല്ലാതാകുന്നു അതും പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്നു പതിനൊന്നാം അധ്യായത്തിൽ വിശ്വരൂപം കണ്ട അവസരത്തിൽ കൌരവപക്ഷത്തിന് ശേഷം പാണ്ഡവപക്ഷവും യോഗേശ്വരനിൽ ലയിച്ചത് അർജുനൻ നേരിട്ട് കണ്ടതാണ് ഈ വിലയത്തിന് ശേഷമുള്ള പുരുഷന്റെ സ്വരൂപമാണ് ക്ഷേത്രജ്ഞനിൽ കാണുമാറാകുന്നത് തുടരുന്നു ക്ഷേത്രജ്ഞം ചാപ്പി മാം േത്രേഷുഭാരത് ക്ഷേത്രക്ഷേത്രജ്ഞാനം യജ്ഞ മതം മമ ഹേ അർജുന എല്ലാ ക്ഷേത്രങ്ങളിലും അഥവാ ശരീരങ്ങളിലും ക്ഷേത്രജ്ഞൻ ഞാൻ തന്നെയെന്നറിയുക ക്ഷേത്രത്തെപ്പറ്റി ശരിയായ അറിവുള്ളവനാണ് ക്ഷേത്രജ്ഞൻ എന്നാണ് മഹാപുരുഷന്മാർ നിർവചിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞന്റെയും അതാത് പ്രകൃതിയുടെയും പുരുഷന്റെയും തത്വത്തെപ്പറ്റിയുള്ള അറിവാണ് ജ്ഞാനം എന്നാണ് എന്റെ അഭിപ്രായം സാക്ഷാത്കാരത്തോടുകൂടി നേടുന്ന ഈ അറിവാണ് ജ്ഞാനം അർത്ഥശൂന്യമായ തിവാദമല്ലാത് തേത്രം യുക്തശയ സ ചയോ യശ്ച തത്സമാസന എങ്ങനെയുള്ളതാണ് എന്തെല്ലാം വികാരങ്ങൾ ഉള്ളതാണ് എന്ത് കാരണത്താലാണ് ഉണ്ടായത് ക്ഷേത്രജ്ഞൻ ആരാണ് ക്ഷേത്രജ്ഞന്റെ മഹിമകൾ ഏവ ഇക്കാര്യങ്ങളെപ്പറ്റി ചുരുക്കത്തിൽ പറയാം കേട്ടുകൊള്ളുക ക്ഷേത്രം മാറ്റത്തിന് വിധേയമാണ് പുണ്യാപുണ്യ കാരണത്താൽ ഉണ്ടായതാണ് ക്ഷേത്രജ്ഞൻ മഹത്വമുള്ളവനാണ് ഞാനാണോ ഇതാദ്യമായി പറയുന്നത് അല്ല ഋഷികൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിവ ഞാൻ ഒന്നെടുത്തു പറയുന്നു എന്ന് മാത്രം ഋഷിഭിർ ബഹുദാ ഗീതം ഛന്തോ വിവിധ ബ്രഹ്മസൂത്രപ ഈ ക്ഷേത്ര ക്ഷേത്രജ്ഞന്മാരുടെ തത്വത്തെപ്പറ്റി ഋഷികൾ പലതരത്തിൽ പാടിയിട്ടുണ്ട് വേദങ്ങളിലും പല മന്ത്രങ്ങളിലും ഇവയെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട് യുക്തിയുക്തമായ നിഗമനങ്ങളിലൂടെ ബ്രഹ്മസൂത്രത്തിലും ഇക്കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട് വേദാന്തവും ഋഷിമാരും ്രഹ്മസൂത്രവും വിവരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നെടുത്തു പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് ക്ഷേത്രം അഥവാ ശരീരം നാം കാണുന്നത് മാത്രമാണോ മഹാഭൂതാനഹ അർജുന പഞ്ചമഹാഭൂതങ്ങളും അതായത് ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിവ ബുദ്ധിയും അഹങ്കാരവും ചിത്തവും ചിത്തത്തിന് അവ്യക്തം എന്നാണിവിടെ പറഞ്ഞിരിക്കുന്നത് പരാപ്രകൃതി തന്നെ അവ്യക്തം മേൽ ചേർത്തവ മൂലപ്രകൃതിയുടെ എട്ട് വിഭാഗങ്ങളാണ് പത്തിന്ദ്രിയങ്ങളും അതായത് കാത് കണ്ണ് മൂക്ക് രസന ത്വക്ക് എന്ന അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും നാവ് കൈ കാല് ഉപസ്ഥം വിസർജനേന്ദ്രിയം എന്നീ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും മനസ്സും അഞ്ചിന്ദ്രിയ വിഷയങ്ങളും രൂപം രസം ഗന്ധം സ്പർശം ശബ്ദം എന്നിവ പിന്നെ ദുഃഖം േതാധൃതി സമാസേന സവികാരമുദം സുഖം ദുഃഖം സ്ഥൂലദേഹം ചേതന ധൈര്യം എന്നിവയും വികാരങ്ങളും ചേർന്ന് ശരീരക്ഷേത്രം ഉണ്ടായി എന്ന് ചുരുക്കത്തിൽ പറയാം ഇതാണ് ചുരുക്കത്തിൽ ശരീരത്തിന്റെ സ്വരൂപം എന്നർത്ഥം ഇതിൽ വിതയ്ക്കപ്പെടുന്ന നന്മ തിന്മകളുടെ വിത്തുകൾ സംസ്കാരങ്ങളുടെ രൂപത്തിൽ മുളപൊട്ടി വളർന്നുവരുന്നു വികാരങ്ങൾ ഉള്ളിടത്തോളം കാലമേ ഈ പിണ്ഡശരീരം നിലനിൽക്കുകയുള്ളൂ ഈ ക്ഷേത്രത്തിൽ ലയിക്കാതെ ഇതിന്റെ നിയാമക ശക്തിയായി നിലനിൽക്കുകയാണ് ക്ഷേത്രജ്ഞൻ ഇനി ജ്ഞാനമെന്തെന്ന് പറയുന്നു അമാനിത്വമദം ഭിത്വം അഹിംസാക്ഷാന്രാർജവം ആചാര്യോപാസനം ശൗചം ഹേ അർജുന മാനാപമാനങ്ങളോടുകൂടാത്ത അവസ്ഥ ഡമ്പു കാട്ടാതിരിക്കൽ അഹിംസ അതായത് തന്റെയോ മറ്റുള്ളവരുടെയോ ആത്മാവിനെ കഷ്ടപ്പെടുത്താതിരിക്കുന്നതാണ് അഹിംസ എറുമ്പിനെപ്പോലും കൊല്ലാതിരിക്കലാണ് അഹിംസയെന്ന് ചിലർ കരുതുന്നു ആത്മാവിനെ അധോഗതിയിലാക്കുന്നതാണ് ഹിംസ ആത്മാവിനെ ഉദ്ധരിക്കുന്നതാണ് ശരിയായ അഹിംസ ആർക്കും മാനസികാഘാതമേൽപ്പിക്കാതിരിക്കുന്നതിലൂടെയാണ് അതിന്റെ തുടക്കം ക്ഷമ ചിന്തയുടെയും വാക്കിന്റെയും സരളത ആചാര്യസേവ പരിശുദ്ധി സ്ഥിരത മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും നിയന്ത്രിക്കൽ ഇന്ദ്രിയാർത്ഥേഷൈരാഗ്യം അനഹംകാര ചന്മമൃത്യുജറാവധി ദുഃഖദോഷാനുദർശനം ഈ ലോകത്തിലും പരലോകത്തിലും കണ്ടതോ കേട്ടതോ ആയ യാതൊന്നിലും ആസക്തിയില്ലായ്മ അഹന്തയില്ലായ്മ ജനന മരണ വാർദ്ധക്യ രോഗഭോഗാദികളിൽ ദുഃഖമെന്ന ദോഷം ദർശിക്കാതിരിക്കൽ അസക്തിരനഭിഷ്വ പുത്രദൃഹാദിശോ നിത്യഞ്ചിത്തത്വം ഇഷ്ടാ ിഷ്ടോപത്തിഷോ പുത്രൻ സ്ത്രീ ധനം ഗൃഹം തുടങ്ങിയവയിൽ ആസക്തിയില്ലായ്മ നിസ്സംഗത പ്രിയമായ കാര്യം കിട്ടിയാലും അപ്രിയമായ കാര്യം ഉണ്ടായാലും രണ്ടിലും ഒരേ മനോഭാവം ഭക്തിരവ്യചാരി അറതിർജന സംസരി എന്നിൽ യോഗമല്ലാതെ മറ്റൊന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ വഴുതിപ്പോകാത്ത ദൃഢഭക്തി ശവാസം ആളുകൾ കൂടുന്നിടത്ത് കഴിയാൻ താൽപ്പര്യമില്ലായ്മ അധ്യാത്മജ്ഞാനനിത്യത്വം തത്വദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യോന്യഥ ആത്മവിഷയകമായ അറിവിൽ താൽപര്യപൂർവ്വം ഉറച്ചു നിൽക്കൽ തത്വജ്ഞാനത്തിന്റെ ലക്ഷ്യസ്ഥാനമായ പരമാത്മാവിനെ സാക്ഷാത്കരിക്കൽ എന്നീ കാര്യങ്ങളുടെ ആകത്തുകയാണ് ജ്ഞാനം ഇവയ്ക്ക് വിരുദ്ധമായിട്ടുള്ള എല്ലാറ്റിൻ്റെയും സമാഹാരം അജ്ഞാനവും പരമാത്മ സാക്ഷാത്കാരത്തിനൊപ്പം ലഭിക്കുന്ന അറിവാണ് ജ്ഞാനം നാലാമധ്യായത്തിൽ മുപ്പത്തൊന്നാം ശ്ലോകത്തിൽ യോഗേശ്വരൻ പറഞ്ഞു ജ്ഞാനദൃഷ്ടിയായ ജ്ഞാനാമൃതം പാനം ചെയ്യുന്നവർ സനാതന ബ്രഹ്മത്തെ പ്രാപിക്കുമെന്ന് ഇതിനു വിരുദ്ധമായത് അതായത് തത്വസ്വരൂപമായ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ ഉതകാത്തതെന്തും അജ്ഞാനമാണ് അമാനിത്വം അഥവാ മാന അപമാനരഹിതം അദംഭിത്വം അഥവാ ദമ്പ് ഇല്ലായ്മ തുടങ്ങിയവ ജ്ഞാനത്തിന് പൂരകമായ ലക്ഷണങ്ങളാണ് അടുത്തത് ജ്ഞാനത്തെപ്പറ്റിയുള്ള ചർച്ചയാണ് ഗേയം യാമൃതമു അനാദിമത്പരം ബ്രഹ്മുച്ഛ അർജുന ഏതാണോ അറിയപ്പെടാൻ യോഗ്യമായിട്ടുള്ളത് ഏതിനെ അറിഞ്ഞാൽ മരണധർമാവായ മനുഷ്യൻ അമൃത തത്വത്തെ പ്രാപിക്കുമോ ്രഹ്മത്തെപ്പറ്റി ഞാൻ ഭംഗിയായി വിവരിക്കാം ആ ആദിരഹിതമായ പരബ്രഹ്മത്തെ സത്തെന്ന് പറയാനും പറ്റുകയില്ല അസത്തെന്ന് പറയാനും പറ്റുകയില്ല എന്തെന്നാൽ സ്വന്തം ഭാവത്തിൽ നിൽക്കുമ്പോൾ സത്ത് സൃഷ്ടികളോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് അസത്തും സൃഷ്ടികളും സൃഷ്ടാവും ഒന്നായിരിക്കുമ്പോൾ പിന്നെ ആര് ആരെപ്പറ്റി വിവരിക്കും ഒന്ന് മാത്രമേയുള്ളൂ മറ്റൊന്നിൻ്റെ ഭാവനമില്ല അപ്പോൾ ബ്രഹ്മത്തെ സത്തെന്നോ അസത്തെന്നോ പറയാനാവില്ലിശിരോ മുഖം ൃത്യതിഷ്ഠ ആ ബ്രഹ്മം എല്ലായിടത്തും കൈകളും കാലുകളുമുള്ളതും എല്ലായിടത്തും കണ്ണുകളും ശിരസുകളും മുഖങ്ങളുമുള്ളതും എല്ലായിടത്തും കാതുകളുള്ളതുമായ ഒരു വിരാട രൂപമായി എങ്ങും എവിടെയും നിറഞ്ഞു നിൽക്കുന്നു േന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം നിർഗുണം ഗുണഭോക്തൃ ആ ബ്രഹ്മം എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഗുണങ്ങളെ അറിയുന്നുണ്ടെങ്കിലും ഇന്ദ്രിയരഹിതമാണ് അത് ആസക്തിയില്ലാത്തതാണ് ഗുണങ്ങൾക്കതീതമാണെങ്കിലും എല്ലാറ്റിനെയും ധരിക്കുകയും പോഷിപ്പിക്കുകയും എല്ലാ ഗുണങ്ങളുടെയും ഫലം അനുഭവിക്കുകയും ചെയ്യുന്നു എല്ലാ ഗുണങ്ങളുടെയും ഫലം ഓരോന്നായിത്തന്നെ ലയിപ്പിക്കുന്നു എന്നർത്ഥം യജ്ഞത്തിൻ്റെയും തപസ്സിൻ്റെയും അനുഭോക്താവാണ് താനെന്ന് ഒരിടത്ത് ശ്രീകൃഷ്ണൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഒടുവിൽ ഗുണങ്ങളെല്ലാം എന്നിൽ വിലീനമാകുന്നുണ്ട് ബഹിരന്തശ്ചൂത അചരം ചരമേവച്ച സൂക്ഷ്മത്തവിജ്ഞേയം ബ്രഹ്മം എല്ലാ ജീവികളുടെയും ഉള്ളിലും വെളിയിലും നിറഞ്ഞു നിൽക്കുന്നു അത് ചരവും അചരവുമാണ് എന്നാൽ അതിസൂക്ഷ്മമാകയാൽ ആർക്കും കാണാനാവില്ല അറിയുവാനും ആവില്ല മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്താണ് വർത്തിക്കുന്നത് അതിന്റെ സ്ഥിതി വളരെ ദൂരെയാണ് ഏറ്റവും അടുത്തുമാണ് അവിഭക്തൂത വിഭക്തമൂതഭർത്രിച്ച തജേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ്രഹ്മം അവിഭാജ്യവും അഖണ്ഡവുമാണെങ്കിലും ചരാചരങ്ങളിൽ ഒന്നിൻ്റെയും ഉള്ളിൽ പ്രത്യേകം പ്രത്യേകം നിലകൊള്ളുന്നതായി തോന്നലുണ്ടാക്കുന്ന ആ മഹാശക്തി സകലഭൂതങ്ങളുടെയും സ്ഥിതിസംഹാരങ്ങൾക്ക് കാരണമാണ് എല്ലാറ്റിൻ്റെയും ഉള്ളിലും പുറത്തും ആ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് പുറമേ ജനനം ഉള്ളിൽ ഉണർവ് പുരമേ പാലനം അഗമേ യോഗക്ഷേമം നിർവഹിക്കൽ പുരമേ ശരീരത്തെ പരിവർത്തിപ്പിക്കൽ അഗമേ സർവസ്വവും വിലയിപ്പിക്കൽ പ്രാപഞ്ചിക വസ്തുക്കളുടെ ഉൽപ്പത്തി കാരണത്തെ ലയിപ്പിച്ച് സ്വന്തം രൂപത്തെ സ്വീകരിക്കൽ ഇവയത്രേ ബ്രഹ്മത്തിന്റെ ലക്ഷണങ്ങൾ ജ്യോതിഷാമപി തജ്യോതിരമുഗ്യം ന്യായമായ ആ ബ്രഹ്മം എല്ലാ ജ്യോതിസുകളുടെയും പ്രഭവസ്ഥാനമായ ജ്യോതിസാണ് ഇത് ഇരുളിന്റെ അപ്പുറത്തുള്ളതാണ് ജ്ഞാനമായും ജ്ഞേയമായും ജ്ഞാനത്തിലൂടെ പ്രാപിക്കേണ്ടതുമായിരിക്കുന്നു ഇത് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു സാക്ഷാത്കാരത്തോടൊപ്പം ലഭിക്കുന്ന അറിവാണ് ജ്ഞാനം ഈ ജ്ഞാനത്തിലൂടെ മാത്രമേ ബ്രഹ്മത്തെ പ്രാപിക്കാനാവൂ ഇതിൻ്റെ നിവാസസ്ഥാനം ഹൃദയമാണ് മറ്റു സ്ഥലങ്ങളിൽ അന്വേഷിച്ചാൽ അത് ലഭ്യമല്ല ധ്യാനം യോഗചര്യ എന്നിവയിലൂടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ് ഹേ അർജുന ഇങ്ങനെ ക്ഷേത്രം ജ്ഞാനം ജ്ഞാനവിധേയമാക്കണ്ട പരമാത്മസ്വരൂപം എന്നിവയെപ്പറ്റി ഞാൻ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് ഇത് മനസ്സിലാക്കുന്ന ഭക്തൻ എന്റെ യഥാർത്ഥ സ്വരൂപത്തിലെത്തിച്ചേരും യോഗേശ്വരൻ പറഞ്ഞ ക്ഷേത്രത്തെ പ്രകൃതിയെന്നും ക്ഷേത്രജ്ഞനെ പുരുഷനെന്നും തുടർന്ന് പറയുന്നു പ്രകൃതി ഈ പ്രകൃതിയും പുരുഷനും അനാദിയാണെന്നറിയുക വികാരങ്ങളും ഗുണവുമെല്ലാം ത്രിഗുണാത്മികമായ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നതാണെന്നും മനസ്സിലാക്കുക കാര്യം കാരണം കർത്തൃത്വം എന്നിവയെ ഉൽപ്പാദിപ്പിക്കുന്ന ഹേതുവിന് പ്രകൃതിയെന്ന് പറയുന്നു കാര്യം എന്തിലൂടെ ചെയ്യപ്പെടുന്നുവോ അതാണ് കാരണം ശുഭകാര്യങ്ങൾക്ക് വിവേക വൈരാഗ്യാദികളും അശുഭകാര്യങ്ങൾക്ക് കാമക്രോധാദികളും കാരണമായിത്തീരുന്നു സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതിന് കാരണം പുരുഷനാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട് പുരുഷൻ എപ്പോഴും ഭോഗങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ചിലപ്പോൾ അതിൽ നിന്ന് വിടുതൽ നേടുന്നുണ്ടോ പ്രകൃതിയും പുരുഷനും അനാദിയാണെങ്കിൽ അകലുന്ന പ്രശ്നമുണ്ടോ ഇക്കാര്യം വിശദീകരിക്കുന്നു പുരുഷ പ്രകൃതി പ്രകൃതിയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന പുരുഷൻ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന കാര്യരൂപമായ പദാർത്ഥങ്ങളെ അനുഭവിക്കുന്നു ഈ ഗുണങ്ങളുടെ സംഗം ജീവാത്മാവ് നല്ലതോ ചീത്തയോ ആയ യോനികളിൽ പിറക്കുന്നത് പ്രകൃതിയിലെ ഗുണങ്ങളുമായുള്ള ബന്ധം അവസാനിക്കുമ്പോൾ ജനന മരണരൂപമായ സംസാരത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നു ആ പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്നതെങ്ങനെ ഉപദ്രമ ഭർത്താഭോക്തീശ്വര പുരുഷ സ്വന്തം കൈകാലുകളും മനസ്സും നിങ്ങളുടെ എത്രയടുത്ത് ചേർന്നിരിക്കുന്നുവോ അതിനേക്കാൾ അടുത്താണ് പുരുഷന്റെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിലെപ്പോഴും ദ്രഷ്ടാവായി പരമാത്മാവിരുന്നരുളുന്നു ആ പരമാത്മാവിന്റെ വെളിച്ചത്തിലാണ് നല്ലതും ചീത്തയുമായ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നത് ആ പ്രവൃത്തികൾ കൊണ്ട് പരമാത്മാവിന് ഒരു പ്രയോജനവുമില്ല നിങ്ങൾ സാധനകളിലൂടെ അനുക്രമം പുരോഗമിക്കുമ്പോൾ നേരത്തെ വെറും സാക്ഷിയായി കഴിഞ്ഞിരുന്ന പരമാത്മാവ് അനുമതി നൽകുന്ന ആളായി മാറുന്നു പിന്നീട് അനുഭവങ്ങൾ നൽകാൻ തുടങ്ങുന്നു ളിലൂടെ ഭക്തൻ കൂടുതൽ അടുക്കുമ്പോൾ ഭരിക്കുകയും പോഷണം നൽകുകയും ചെയ്യുന്ന ജോലി പരമാത്മാവ് ഏറ്റെടുക്കുന്നു അങ്ങനെ നിങ്ങളുടെ യോഗത്തിനും ക്ഷേമത്തിനുമായി നിലകൊള്ളുന്നു സാധനകൾ സൂക്ഷ്മമായി തീരുന്നതോടെ പരമാത്മാവ് ഭോക്താവായി തീരുകയായി ഭോക്താരം യജ്ഞ യജ്ഞം തപസ് തുടങ്ങിയ എല്ലാറ്റിൻ്റെയും ഭോക്താവാണ് പരമാത്മാവ് അതിനുശേഷം മഹേശ്വരൻ മഹേശ്വരന്റെ പദവിയിലെത്തി പ്രകൃതിയുടെ സ്വാമിയായിത്തീരുന്നു ഒടുവിൽ പ്രകൃതിയെ തന്നിൽ ലയിപ്പിച്ച് പരമാത്മേതി ചാപ്പുയുക്തോ പരമാത്മ സ്വരൂപത്തിലെത്തുന്നു അങ്ങനെ ശരീരം താൽക്കാലിക വസതിയായി സ്വീകരിക്കുന്നുവെങ്കിലും അത്യന്തം ശ്രേഷ്ഠനാണ് പരമാത്മാവ് ആദ്യം ദ്രഷ്ടാവായിരുന്നു ഒടുവിൽ പരമാത്മപദം സ്വീകരിച്ചു ഇതാണ് വ്യത്യാസം പ്രകൃതി സഹ ഇങ്ങനെ പരമാത്മാവിനെയും ഗുണങ്ങളോടുകൂടിയ പ്രകൃതിയെയും സാക്ഷാത്കാരത്തോടെ അറിയുന്നയാൾ പുനർജന്മത്തിനു വിധേയനാകാതെ മുക്തനായിത്തീരുന്നു അടുത്തതായി സാധനാക്രമങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു ത്മനി പശ്യ കെച്ചിത്മാനമാത്മന അന കർമ്മേന ചാപ്പർജുന ആ പരമാത്മാവിനെ വളരെ പേർ സ്വന്തം ചിന്തനത്തിലൂടെ അഥവാ ത്തിലൂടെ സാക്ഷാത്കരിക്കുന്നു മറ്റു ചിലർ സാംഖ്യായോഗത്തിലൂടെ അതായത് സ്വന്തം ശക്തി മനസ്സിലാക്കി അതേ കർമ്മത്തിൽ മുഴുകി സാക്ഷാത്കരിക്കുന്നു വേറെ ചിലർ നിഷ്കാമകർമ്മത്തിലൂടെ ദർശിക്കുന്നു ഇനിയും ചിലർ അർപ്പണബുദ്ധിയോടെ നിയതകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ലക്ഷ്യം നേടുന്നു ഈ ശ്ലോകത്തിൽ മുഖ്യസാധനയായി ധ്യാനത്തെ കരുതുന്നു ഇതിന് സാംഖ്യായോഗം നിഷ്കാമകർമ്മയോഗം എന്നും രണ്ട് പിരിവുണ്ട് ൃത്യംപരാായണ എന്നാൽ സാധനകൾ ചെയ്യാൻ അറിയാത്ത ചിലർ തത്വജ്ഞാനികളായ മഹാപുരുഷന്മാരുടെ ഉപദേശമനുസരിച്ച് ഉപാസനകൾ ചെയ്യുന്നു ആ ഉപദേശങ്ങൾ വെറുതെ കേൾക്കുന്നവർ പോലും സംസാരസാഗരത്തിന്റെ അക്കര കടക്കുന്നു സാധനകൾ വിഷമകരമാണെങ്കിൽ സത്സംഗത്തിലൂടെ ആത്മീയ മാർഗത്തിൽ ആർക്കും പ്രവേശിക്കാം സ ം സ്ഥമം ക്ഷേത്രക്ഷേത്ര ഗ്യസയോ തദ്വി ഭരതർഷ ഹേ ഭരതകുലവീര ലോകത്തിലുള്ള എല്ലാ സ്ഥവരജംഗമ വസ്തുക്കളും ക്ഷേത്രജ്ഞ സംയോഗം കൊണ്ട് ഉണ്ടായതാണെന്ന് നീ മനസ്സിലാക്കുക ലക്ഷ്യപ്രാപ്തി എപ്പോഴാണ് ഉണ്ടാവുക സമം സർവേഷൂത തിഷന്തം പരമേശ്വരം വിനശ്യത്സ്വനശ്യന്തം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സകല ചരാചരങ്ങളിലും നാശരഹിതനായ പരമേശ്വരൻ സമഭാവനയോടെ സ്ഥിതി ചെയ്യുന്നത് കാണുന്ന ആളാണ് യഥാർത്ഥ ദ്രഷ്ടാവ് ജീവന്റെ വ്യവഹാരങ്ങൾ അവസാനിക്കുമ്പോഴാണ് ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുന്നതെന്ന് എട്ടാമധ്യായം മൂന്നാം ശ്ലോകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മസഞ്ജിത്ത പ്രകൃതിയിൽ നിന്ന് മോചനം നേടുമ്പോഴാണ് പുരുഷൻ പരമാത്മസ്വരൂപം കൈകൊള്ളുന്നതെന്ന് താല്പര്യം കർമ്മത്തിന്റെ പരമകാഷ്ടയാണത് എല്ലായിടത്തും സമഭാവത്തോടെ സ്ഥിതി ചെയ്യുന്ന പരമേശ്വന സമനാണ് താനെന്നറിയുന്ന പുരുഷൻ പിന്നെ ആർക്കും ഒരു വിഷമവും ഉണ്ടാക്കുന്നില്ല അതോടെ പരമേശ്വരനുമായി ഒത്തുചേർന്ന് പരമഗതിയെ പ്രാപിക്കുന്നു ലക്ഷ്യത്തിലെത്തിയ പുരുഷന്റെ ലക്ഷണമെന്താണെന്നോ പ്രകൃത്യവചർ കിയവശ്യ തഥാത്മാനം ം സപശ എല്ലാ കർമ്മങ്ങളും എല്ലാ പ്രകാരത്തിലും പ്രകൃതി തന്നെയാണ് ചെയ്യുന്നതെന്നും അതായത് പ്രകൃതി ഉള്ളിടത്തോളം കാലം കർമ്മങ്ങളുടെ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുമ്പോഴും ആത്മാവ് എപ്പോഴും അകർത്താവായിട്ട് മാത്രമാണ് നിലകൊള്ളുന്നതെന്ന് കാണുന്ന പുരുഷനാണ് യു തൃാവൂതപരം ബ്രഹ്മ സമ്പ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മഭാവത്തിലും പരമാത്മാവ് പ്രവർത്തിക്കുന്നതായും സകല ചരാചരങ്ങളിലും ആ പരമാത്മാവ് നിറഞ്ഞിരിക്കുന്നതായും അറിയുന്നയാൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് യോഗ്യനായിത്തീരുന്നു ഏത് നിമിഷത്തിലാണോ ഈ അവസ്ഥയുണ്ടാകുന്നത് അപ്പോൾ ബ്രഹ്മപ്രാപ്തിയും വന്നു ചേരുന്നു സ്ഥിതപ്രജ്ഞനായ മഹാപുരുഷനും മേൽചേർത്ത ലക്ഷണം ചേരും ർണ പരമാത്മാവ്യയ ശരീരസ്ഥോപ കുന്തി പുത്ര അനദിയും ഗുണാദീതനുമാകയാൽ അവിനാശിയായ പരമാത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നെങ്കിലും ഒന്നും ചെയ്യുന്നില്ല ഒന്നുമായിട്ടും ബന്ധപ്പെടുന്നുമില്ല യഥാർവഗതം ആകാശം നോപലിപ്യത്തെ സർവത്രവസ്ഥ തഥാത്മാനോപലി എപ്രകാരമാണോ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആകാശം അതിസൂക്ഷ്മമായതിനാൽ ഒന്നിനോടും ബന്ധപ്പെടാതെ നിർലേപമായി നിൽക്കുന്നത് അതുപോലെ ദേഹമാകെ വ്യാപിച്ചിരിക്കുന്ന ആത്മാവ് ഗുണാതീതമാകയാൽ ദേഹത്തിലെ ഗുണങ്ങളുമായി ബന്ധപ്പെടാതെ കഴിയുന്നു യശയത്യേകൃത്സ് ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രീ താരത് അർജുന ഒരേ ഒരു സൂര്യൻ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് പോലെ ഒരു ആത്മാവ് ശരീരത്തെ മുഴുവൻ ചൈതന്യവത്താക്കുന്നു ഒടുവിൽ ഇങ്ങനെ നിർണയിക്കുന്നു ക്ഷേത്രക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാന ചുഷാ ഭൂതപ്രകൃതിമോക്ഷം വിദുർയാപ്രകാരം ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള ഭേദവും വികാരസഹിതമായ പ്രകൃതിയിൽ നിന്ന് വിടുതൽ നേടാനുള്ള ഉപായവും ജ്ഞാനദൃഷ്ടികൊണ്ട് കാണാൻ കഴിവുള്ള മഹാത്മാക്കൾ പരബ്രഹ്മത്തോട് ചേരുന്നു ക്ഷേത്രക്ഷേത്രജ്ഞന്മാരെ കാണാനുള്ള കണ്ണ് ജ്ഞാനമാണ് ജ്ഞാനം സാക്ഷാത്കാരത്തിന്റെ പര്യായവും നിഷ്കർഷം ഒന്നാം അധ്യായത്തിൽ ധർമ്മക്ഷേത്രത്തെയും കുരുക്ഷേത്രത്തെയും പറ്റി പറഞ്ഞെങ്കിലും ക്ഷേത്രം എവിടെയെന്ന് വ്യക്തമായിരുന്നില്ല ആ വിവരം ഈ അധ്യായത്തിലൂടെയാണ് വ്യക്തമാക്കിയത് ക്ഷേത്രം ശരീരമാണെന്നും എല്ലാ ക്ഷേത്രങ്ങളിലും അധിവസിക്കുന്ന ക്ഷേത്രജ്ഞൻ താൻ തന്നെയാണെന്നും ശ്രീകൃഷ്ണൻ വിശദീകരിച്ചു ക്ഷേത്രത്തിന്റെ സ്വഭാവത്തെപ്പറ്റിയും ക്ഷേത്രജ്ഞന്റെ പ്രഭാവത്തെപ്പറ്റിയും തനിക്ക് മുൻപ് മഹർഷിമാരും പ്രതിപാദിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ദേവസൂക്തങ്ങളും ബ്രഹ്മസൂത്രവും മറ്റും നോക്കിയാൽ ഈ വസ്തുത മനസ്സിലാക്കാവുന്നതാണ് ശരീരം ഇക്കാണുന്നത് മാത്രമല്ലെന്നും എട്ട് വിഭാഗങ്ങളുള്ള മൂലപ്രകൃതിയും അവ്യക്ത പ്രകൃതിയും പത്തിയങ്ങളും മനസ്സും ഇന്ദ്രിയങ്ങളുടെ അഞ്ച് വിഷയങ്ങളും ആശ തൃഷ്ണ വാസനകൾ എന്നീ വികാരങ്ങളും ചേർന്ന ഒരു പിഡമാണെന്നും അദ്ദേഹം സമർത്ഥിച്ചു ഇതിൽ വിതയ്ക്കുന്ന നന്മകളുടെയും തിന്മകളുടെയും വിത്തുകൾ മുളപൊട്ടി വളർന്ന് സംസ്കാരമായി തീരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ അപ്പുറം കിടക്കുന്ന പുരുഷനാണ് ക്ഷേത്രജ്ഞൻ ക്ഷേത്രജ്ഞനാണ് ഈ ക്ഷേത്രത്തെ പ്രകാശിപ്പിക്കുന്നത് സാധനകൾ പൂർത്തിയാകുമ്പോൾ ഉണ്ടാകുന്ന പരമാത്മാവിൻ്റെ പ്രത്യക്ഷ ദർശനം തന്നെ ജ്ഞാനം സാക്ഷാത്കാരം എന്നാണ് അതിനർത്ഥം ഇതിന് വിരുദ്ധമായതെല്ലാം അജ്ഞാനമത്രേ അറിയേണ്ട ഒരേ വസ്തു ബ്രഹ്മമാണ് അത് സത്തോ അസത്തോ അല്ല അതിനപ്പുറത്തുള്ള ഒരു പ്രതിഭാസമാണ് ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കേണ്ടത് ധ്യാനത്തിലൂടെയാണ് പുറമേ ഈശ്വര ബിംബങ്ങൾ പ്രതിഷ്ഠിച്ചല്ല വളരെ പേർ സാംഖ്യം എന്ന മാധ്യമത്തിലൂടെ ധ്യാനം നടത്തുന്നു ചിലർ നിഷ്കാമകർമ്മയോഗത്തിലൂടെ നിയമിത ആചരണങ്ങൾ ചെയ്യുന്നു അതിന്റെ വിധികൾ അറിയാത്തവർ മഹാപുരുഷന്മാരുടെ ഉപദേശങ്ങൾ അനുസരിച്ചു പ്രവർത്തിക്കുന്നു അവരും ഒടുവിൽ പരമപദം നേടുന്നു ഇതൊന്നും തന്നെ ആചരിക്കാനാവുന്നില്ലെങ്കിൽ എപ്പോഴും സത്സംഗങ്ങളിൽ പങ്കെടുക്കുകയാണ് അവശേഷിക്കുന്ന ഒരേ ഒരു സ്ഥിതപ്രജ്ഞനായ മഹാപുരുഷന്റെ ലക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു െയാണോ ആകാശം എങ്ങും വ്യാപിച്ചിരിക്കുകയാണെങ്കിലും നിർലേപമായി കഴിയുന്നത് ഏതുപോലെയാണോ സൂര്യൻ എവിടെയും പ്രകാശം ചൊരിയുന്നുണ്ടെങ്കിലും ഒന്നിനോടും ഒട്ടിച്ചേരാത്തത് അതുപോലെ ഈശ്വരനെ നിർലേപനും സർവവ്യാപിയുമായി അറിയുന്ന സ്ഥിതപ്രജ്ഞന്മാർ പ്രപഞ്ചവസ്തുക്കളോട് മമതാബന്ധം പുലർത്താതെ നിർലേപരായി കഴിയുന്നു അദ്ദേഹം പറഞ്ഞു ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞന്മാരെയും ശരിയായി കാണേണ്ടത് ജ്ഞാന ചക്ഷുസുകൊണ്ടാണെന്ന് ശാസ്ത്രങ്ങൾ ഉരുവിട്ട് പഠിക്കുന്നതല്ല ജ്ഞാനം യഥാർത്ഥ ജ്ഞാനം മഹാപുരുഷന്മാരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ച് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് പരമതത്വം അറിഞ്ഞ് ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ നേടുന്ന ആനന്ദാനുഭൂതി അത്ര നാം വിചാരിക്കുന്നത് പോലെ ചെറുതായ ഒന്നല്ല ശരീരം എന്ന ഈ ക്ഷേത്രം അനന്തമായ അന്തരീക്ഷം വരെ വ്യാപിച്ചുകിടക്കുന്ന മൂലപ്രകൃതിയുടെ ഭാഗമാണിത് അതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല ഇപ്രകാരം ക്ഷേത്രത്തെപ്പറ്റി വിശദമായ വർണ്ണനം ഈ അധ്യായത്തിൽ കാണാവുന്നതാണ് ം തത്സദി ശ്രീമദ്ഭഗവത്ഗീത ഉപനിഷത്സു ബ്രഹ്മവിദ്യയാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാത്രക്ഷേത്രജ്ഞ വിഭാഗയോഗോ നമ ത്രോദോധ്യ ഓ ബ്രഹ്മം സത്യം ഇങ്ങനെ ഉപനിഷത്സാരസർവസ്വവും ബ്രഹ്മവിദ്യമയവും യോഗശാസ്ത്രവിഷയകവും ീകൃഷ്ണാർജുന സംവാദരൂപവുമായ ഭഗവത്ഗീതയിൽ ക്ഷേത്രം എന്ന പതിമൂന്നാം അധ്യായം തീർന്നു ഇതിമത് പരമഹംസ പരമാനന്ദ ശിഷ്യ സ്വാമി അടഗഡാനന്ദ്രീമദ്ഭഗവത്ഗീത യഥാർത്ഥഗീതാഭാഷ ക്ഷേത്രക്ഷേത്രജ്ഞവിഭാഗയോഗോ നാമ ത്രയദശോധ്യായ ശ്രീമദ് പരമഹംസ പരമാനന്ദജി മഹാരാജിന്റെ ശിഷ്യനായ സ്വാമി അടഗടാനന്ദജി രചിച്ച യഥാർത്ഥ ഗീത എന്ന ശ്രീമദ് ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന പതിമൂന്നാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഹരി തത്സത്